ി നിങ്ങളവരെ സ്നേഹിക്കുന്നു എന്നാൽ അവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ല നിങ്ങൾ എല്ലാ വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുന്നു അവർ നിങ്ങളെ കണ്ടുമുട്ടുമ്പോൾ ഞങ്ങൾ വിശ്വസിച്ചു എന്നു പറയും എന്നാൽ അവർ ഏകനാകുമ്പോൾ ക്രോധം കാരണം നിങ്ങളുടെ വിരലുകൾ കടിച്ചു പറയുക നിങ്ങളുടെ ക്രോധത്തിൽ നിങ്ങൾ മരിക്കുക ഹൃദയങ്ങളിലുള്ളത് അള്ളാഹുസുബാനഹുവ ചായാല നന്നായി അറിയുന്നവനാകുന്നു